അള്ളാഹുസുബ് ഹാനഹുവറ്റ അയല നേർവഴിയിലാക്കിയവർ അവരാണ അതിനാൽ അവരുടെ മാർഗ്ഗത്തെ പിന്തുടരുക പറയുക ഇതിനു പകരമായി ഞാൻ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല ഇത് ലോകർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്